ആദ്യത്തെ ലക്ഷണം എന്താ ദോഷം വരുന്നത് എവിടെ വരും എവിടെ വരുന്നു ്ഞാനത്തിലും പ്രഭാശത്തിലും വരാം രണ്ടാമത്തത് അവിടെ എന്താ ദോഷം ഉപദോഷം മൂന്നാമത്തത് അവിടെ എന്താ ദോഷം വരുന്നത് സത്താ ജാതി എടുത്തുകഴിഞ്ഞാൽ വ്യർത്ഥവിശേഷം എന്തുകൊണ്ട് വ്യർത്ഥവിശേഷണമാവർത്തിപ്പിക്കാൻ വിജാതിയും ഇല്ല സത്താജാതിക്ക് വിജാതിന്ന് പറയാനില്ല ദ്രവ്യഗുണകർമ്മങ്ങൾ മൂന്നിന് എന്തുണ്ട് സത്ത സത്ത സജാതിയും ദ്രവ്യം ഗുണം കർമ്മം പിന്നെ വിജാതീയമായ ഒന്നും ഇല്ല പിന്നെ ബാക്കിയുള്ള പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് സാമാന്യ വിശേഷമായ അതിലൊന്നും ജാതി ജാതി ഉണ്ടായതെങ്കിൽ വിജാതീയമായൊരു പദാർത്ഥത്തെ കിട്ടയില്ല അപ്പം വിജാതീയം ഇല്ലെങ്കിൽ സജാതിയെന്ന് പറയുന്നത് വരത്ഥമാണ് ആ ലക്ഷണം ശരിയല്ല അടുത്ത് പറയുന്നു നാവി ചതുർത്ഥാദവ് അതിവ്യാപ്തേ സുഖാതെത്താം പ്രകാശ്യ നാലാമത്തെ ലക്ഷണം എന്താണ് സ്വസത്തായ പ്രകാശ വ്യതിരേകത്തായം പ്രകാശ വ്യതിരേഖര പ്രകാശ വ്യതിരേകം എന്ന് പറഞ്ഞാൽ പ്രകാശം ഇല്ലാതിരിക്കും പ്രകാശം വ്യതിരേക വിരഹിതത്വം എന്ന് പറഞ്ഞ ഒരു ഇല്ലാതിരിക്കും കൂടെ ചേർത്താ മതി ഗോ വ്യതിരേക വിരഹിതത്വം എന്ന് പറഞ്ഞാൽ എന്താ ഇല്ലാതിരിക്കുക എന്നത് ഇല്ലാതിരിക്കുക എന്നു പറഞ്ഞാൽ ഉണ്ടായിരിക്കുക അതെ അല്ല പ്രകാശ വ്യതിരേക വിരഹിതം പ്രകാശം ഇല്ലാതിരിക്കുക എന്നത് ഇല്ലാതിരിക്കുക ചിതാത്മാവിനെടുക്കുക ചിതാത്മാവ് ചിതാത്മാവിന് പ്രകാശം ഇല്ലാതിരിക്കുക സംഭവിക്കൂ ഇല്ലാതിരിക്കുക എന്നതില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുക സ്പഷ്ടം പ്രകാശമില്ലാത്ത ഒരവസ്ഥയില്ല എന്നു വെച്ചാൽ ചിതാത്മന പ്രകാശരഹിതത്വം നസ്തി ചിതാത്മ പ്രകാശസ്വരൂപത്വ ലക്ഷണം സമന്വയിച്ചോ സമന്യിച്ചോ പിന്നെ സ്വസത്തായം ചിതാത്മാസത്ത എപ്പോഴുണ്ടോ എവിടെയുണ്ടോ അവിടെയെല്ലാം ഉണ്ട് പ്രകാശമുണ്ട് ചിതാത്മ ഉണ്ടായിരിക്കുക പ്രകാശം ഇല്ലാതിരിക്കുക സംഭവിക്കൂ പ്രകാശം എന്ന് വെച്ചാൽ ഞാനും ഇവിടെ ചിതാത്മാവ് ഉണ്ടായിരിക്കുക പ്രകാശമില്ല അത് സംഭവിക്കും ചിതാത്മാവ് എവിടെയുണ്ടോ അവിടെയെല്ലാം പ്രകാശമുണ്ട് സ്വസത്തായ സ്വസത്തയിൽ എന്ന് വെച്ചാൽ ചിതാത്മസത്തയിൽ ഒരിക്കലും തന്നെ പ്രകാശ അഭാവമില്ല അത് വേണം ഇങ്ങനെയും പറയാം എത്ര എത്ര ചിതാത്മസത്ത പ്രകാശ് ജ്ഞാനം അല്ല ഇനി കുറച്ചുകൂടി എളുപ്പം പറയും എത്ര സത്ത തത്ര ജ്ഞാനം ചിതാത്മാവിനെ നോക്കുക അവിടെ സത്യുണ്ട് അവിടെ ഞാനും അതാണ് ചിതാത്മാവിന്റെ ലക്ഷണം എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ദോഷമുണ്ടോ പറയുന്നു ചതുർത്ഥ സുഖാദോ അതിവ്യാപ്തി സുഖാദികളിൽ അതിവ്യാപ്തി ഉണ്ടാവും ഇനി സുഖാദി നോക്കുക സമന്യിപ്പിച്ചു നോക്കുക സുഖാദിക്ക് സത്തയുണ്ട സുഖത്തിന് സത്യ സുഖസം ഇനി സുഖം പ്രകാശിക്കോ പ്രകാശിക്കുവോ സുഖം സുഖം പ്രകാശിക്കുമോ എന്നൊന്നാണ് സുഖം പ്രകാശിക്കോ പ്രകാശിക്കൂ അതെല്ലാം ചോദിച്ച് സുഖം പ്രകാശിക്കുമെന്നാണ് പ്രകാശിക്കും ഏയം പ്രകാശിക്കാൻ പറ്റില്ല പ്രകാശിക്കാന്ന് വെച്ചാൽ അത് പ്രകാശിക്കണം സൂര്യൻ പ്രകാശിക്കാന്ന് വെച്ചാൽ അതിനാരെങ്കിലും പ്രകാശിപ്പിക്കുക എന്നാണ് അർത്ഥം സൂര്യൻ പ്രകാശിക്കുമെന്ന് ചോദിച്ചാൽ ആരെങ്കിലും പ്രകാശിപ്പിക്കുന്നു എന്നാണ് നല്ല സുഖം പ്രകാശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകാശിക്കില്ല പക്ഷേ അതിനെ ചിതാത്മാവ് പ്രകാശിപ്പിക്കുന്നുണ്ട് ചിതാത്മാവ് വേറെ എന്തിനെ പ്രകാശിപ്പിക്കും സർവത്തെയും പ്രകാശിപ്പിക്കും എന്നാൽ ഈ സുഖത്തിനൊരു പ്രത്യേകതയുണ്ട് സുഖത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞ അനുഭവം അതെവിടെ ഉണ്ടാകുന്നു ഉള്ളിൽ ണത്തിൽ തന്നെ അപ്പൊ സുഖത്തിൻ്റെ ഒരു വിശേഷത സുഖം ഉള്ളിലുണ്ടായാൽ അതിൻ്റെ അനുഭവം ഉണ്ടായിരിക്കും സ്വയം പ്രകാശം ഇല്ലെങ്കിലും സ്വയംപ്രകാശം കഥ വേറെ ഇവിടെ സ്വയംപ്രകാശമില്ല സുഖം ഉള്ളിലുണ്ടായാൽ അത് റിഞ്ഞിരിക്കും അനുഭവം ഉണ്ടായിരിക്കും സുഖമുള്ളിൽ ഉണ്ടാകുക സുഖത്തെ അറിയാതിരിക്കുക അങ്ങനെ സംഭവിക്കും സംഭവിച്ചിട്ടുണ്ടോ എൻ്റെ ഉള്ളിൽ സുഖമുണ്ടായി പക്ഷെ ഞാൻ അറിഞ്ഞില്ല ദുഃഖമുണ്ടായി ഞാൻ അറിഞ്ഞില്ല സംഭവിക്കുന്നു അതിനപ്പുറം എന്താണോ സുഖ ദുഃഖാദികൾ ജ്ഞാതത്തയാണ് അതിൻ്റെ സത്ത എപ്പോഴും ജ്ഞാതമാണെന്നർത്ഥം സോതുക്കാദികൾക്കൊരിക്കലും അജ്ഞാതസത്ത ഇല്ല അപ്പം ഈ ഇതിൻ്റെ അകത്തൊരു പാമ്പ് ഇരിക്കുന്നു അത് ഇവിടെയിരിക്കുന്ന എല്ലാവർക്കും ജ്ഞാതമാകുമോ അറിയാതിരിക്കുക ഇതിൻ്റെ അടിയിലെങ്ങാനും ഒരു സർപ്പം വരുന്നു കഴിഞ്ഞാൽ നോക്കട്ടുണ്ടോന്ന് ഇല്ല അറിയാതിരിക്കാം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു സർപ്പം വരുന്ന ഞാൻ അറിയണമെന്നില്ല ഇപ്പോൾ ഇപ്പട്ടിക്കകത്ത് സർപ്പ വരികയാണെങ്കിൽ അതെന്താണ് അജ്ഞാതസ്വത്ത അതിനുണ്ടാവാം അപ്പോൾ ഇവിടെ ഏത് വസ്തുവിനും രണ്ട് തരത്തിൽ സംഭവിക്കുക അജ്ഞാതത്തെയും അജ്ഞാസം നമ്മളതിനെ അറിഞ്ഞാൽ ജ്ഞാതസത്വം അറിഞ്ഞില്ലെങ്കിൽ അജ്ഞാതസത്വം സുഖം അങ്ങനെയല്ല സുഖം ദുഃഖം ആന്തരികമായ വികാരങ്ങളെയൊക്കെ സംബന്ധിച്ച് അത് അന്ധകരണവൃത്തികളാണല്ലോ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ധക്കരണ പരിണാമങ്ങളാണതല്ല ജ്ഞാതമായേ ഇരിക്കും അതിൻ്റെ പ്രത്യേകതയാണ് അപ്പോ ഇവിടെ ലക്ഷണം ചിതാത്മാവിൽ സമന്വയിച്ച് ദുഃഖത്തിൽ സുഖ ദുഃഖാദികളും സമന്വയിക്കും സ്വസത്തായ വെച്ചാൽ സുഖസത്തയിൽ പ്രകാശ വ്യതിരേക വിരഹിതത്വം എന്നുവെച്ചാൽ ജ്ഞാനഭാവം അത് സംഭവിക്കും സുഖം അതാണ് സുഖസത്ത എന്ന് പറയുന്നത് സുഖം ഉണ്ടായിരിക്കുക അങ്ങനെയാണ് എന്തുപറയുന്നത് സുഖസത്ത അതിൻ്റെ ബോധമുണ്ടായിരിക്കും സ്വസത്തായാം പ്രകാശ സത്ത എന്ന് പറയാം പ്രകാശ വ്യതിരേക വിരഹിതത്വം എന്ന് പറഞ്ഞാൽ എന്താണോ സ്വസത്തായാം സുഖസത്തേനെന്ത് വരും സുഖസത്ത ഉള്ളടത്ത് പ്രകാശസത്തയും വരും പ്രകാശം ഉണ്ടായി എന്നുവെച്ചാൽ അറിവുണ്ടായി അപ്പോ ചിതാത്മാവിൽ സമന്വയിച്ചതുപോലെ തന്നെ എവിടെ സമന്വയിച്ചു സുഖാദികൾ ഇതിന് കാരണം ഇവിടെ അദ്വൈതികൾ പറയുന്നത് സാക്ഷിഭാസ്യമാണ് സുതുക്കാദികളെല്ലാം ഉള്ളിലിരിക്കുന്ന സാക്ഷി എന്ന് പറഞ്ഞാൽ മറ്റു വിഷയങ്ങളെപ്പോലെ ഇന്ദ്രിയാർത്ഥ സന്നിഗേഷം കൊണ്ടുണ്ടാകുന്നതല്ല ഇവിടെ പാമ്പിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അറിയാത്തത് എന്തിരാൾക്ക് അന്വേഷം ഉണ്ടായിരുന്നു സാധനം അവിടെയിരുന്നു അതുകൊണ്ടെനിക്കറിയാൻ പറ്റിയില്ല പക്ഷെ ഉള്ളിൽ സുഖമായിരിക്കുമ്പോൾ അവിടെ എന്തിരാൾക്ക് അന്വേഷം വേണോ നടക്കുന്ന കാര്യമെന്ന് സാക്ഷി എന്നാൽ എന്റേയും പ്രകാശിപ്പിക്കും സാക്ഷിയുടെ മുമ്പിൽ വന്നാൽ അവിടെ നിന്നും മാറാൻ കഴിയത്തില്ല സാക്ഷി പിടിക്കും കാന്തത്തിൻ്റെ മുമ്പിൽ ഇരുമ്പ് ചെല്ലും പോലെയാണ് സാക്ഷിഭാഷ്യമായ സുഖദുഃഖാദികളിലെല്ലാം എന്തുവരുന്നു പ്രകാശ വ്യതിരേഖം അന്ധകരണത്തിലെ സുഖദുഖാദികൾ അന്ധകരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അന്ധകരണത്തിലെ സുഖദുഃഖാദികൾ അതിൻ്റെ ഇവിടെ പറഞ്ഞു സുഖാദോ അതിവ്യാപ്തേഹേ थी, थी वैं। थी वैं। था। था। ും എല്ലാ വൃത്തികളും വേറെ ആരാടെയൊക്കെ കാര്യമാശയം ഏ സംശയം ആ അങ്ങനെയുള്ള വൃത്തികളൊന്നും നമുക്ക് അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്റെ കൂടെ സംശയം വന്നു ഞാൻ അറിയില്ലല്ലോ അതെല്ലാം വരും യോഗ്യമായിരിക്കണം മന്ധക്കരണത്തിൽ സംസ്കാരം വരുന്നറിയാൻ പറ്റും മന്ദക്കരണത്തിൽ ധർമാധർമ്മങ്ങൾ വരുന്നുണ്ട് അറിയാൻ പറ്റുന്നുണ്ട് അതൊക്കെ പരിണാമമാണ് അതൊന്നും അറിയാൻ പറ്റില്ല ഏതാണോ പ്രത്യക്ഷയോഗ്യമായിരിക്കുന്നതെന്ന് പറയുന്നത് പ്രത്യക്ഷയോഗ്യമായിരിക്കുന്നതെല്ലാം ജ്ഞാതസത്തയുള്ളതാണ് അജ്ഞാതസത്ത ൾ കണ്ണു തുറന്നിരിക്കുന്നു കണ്ണിന് മുമ്പിൽ ഒന്നു വന്നു കാണുന്നതുപോലെ ഇവിടെ പിന്നെ മനസാന്നിധ്യമില്ലെങ്കിൽ ചിലപ്പോൾ കാണാതിരിക്കാം അകത്തതും പറ്റത്തില്ല എന്തുകൊണ്ടാണോ ആയിരം പാട്ട് ബൾബ് കത്തിച്ചു വെച്ചിരിക്കുകയാണ് സാക്ഷി പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പ്രകാശമില്ലാതെ അവിടെ ഇല്ല ഇപ്പൊ സാക്ഷിഭാസ്യമായത് ഇതിൽ ല്ല എന്തോന്നോ സ്വസത്തായം പ്രകാശ വ്യതിരേക വിരഹിതത്വം ആത്മാവാണ് സാക്ഷിയെ കുറിച്ച് ഇനി മുമ്പോട്ട് എല്ലുമ്പോൾ കുറച്ചുകൂടെ വിശദീകരിക്കും ഇപ്പോ അതിനെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവെന്ന് മനസ്സിലാക്കിയാൽ കൂടുതൽ ആവശ്യമുള്ള സന്ദർഭത്തിൽ നമ്മൾ അത് ചർച്ച ചെയ്യും ഈ പ്രത്യക്ഷമാകാത്തതുപോലെ വൃത്തികളും യോഗ്യം അല്ലെങ്കിൽ അത് പ്രത്യക്ഷറിയാമല്ലോ പുണ്യമാർഗങ്ങളും പ്രത്യക്ഷമാണോ ആണോ യോഗ്യമായിരിക്കണം സുഖാദോ അതിവ്യാപ്തേ ഹേ അതായത് ചിതാത്മാവിന് പറഞ്ഞ ലക്ഷണം അവിടെ പോയി സുഖദുഃഖങ്ങളിൽ പോയി സുഖാദേവി സ്വസത്തായ പ്രകാശ അംബ്യചാര സുഖാദികൾക്കും എന്ത് വരുന്നു സ്വസത്തയിൽ സ്വശബ്ദം കൊണ്ട് എനെ എടുക്കും സുഖസത്തയിൽ പ്രകാശ പ്രകാശ വ്യാപകത്വം ഉണ്ട് എന്ന് പറയുന്നത് എന്റെ വ്യാപകത്വം ഉണ്ട് പ്രകാശം എന്ന് പറഞ്ഞത് കൊണ്ട് എന്തിനെടുക്കും ഏത് ജ്ഞാനം ഏത് ജ്ഞാനത്തെ എടുക്കും സാക്ഷിയുടെ ജ്ഞാനം സാക്ഷി സുഖത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം അതാണ് പ്രകാശ വിചാര സാക്ഷിക്ക് എന്തിനെങ്കിലും പ്രകാശിപ്പിക്കണമെങ്കിലും അവിടെ വൃത്തി വേണം വൃത്തിമ്പിനാ ഭാസ്യം സാക്ഷി ഭാഷ്യം അവിടെയും വൃത്തി വേണം പക്ഷെ അതെന്ത് വൃത്തിയാണ് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും സാക്ഷി എന്ത് വൃത്തി കൊണ്ടാണോ പ്രകാശിപ്പിക്കുന്നത് വിടെ ആവശ്യമുള്ളത് മനസ്സിലാക്കി പോയാൽ മതി കാരണം കൂടുതൽ സങ്കീർണമാക്കണ്ട അല്പസങ്കീർണത ഇതിനുണ്ട് സ്മൂത്തായിട്ട് പോകുന്നു എന്നുണ്ട് സാക്ഷിയെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യും അപ്പൊ ഇവിടെ എന്ത് ചെയ്തു അസുഖത്തിൽ അതിവ്യാപ്തി ഒന്നും ചിതാത്മാവിന്റെ ലക്ഷണം അപ്പെന്ത് ചെയ്യും ഒന്നുകിൽ വേറെ ലക്ഷണം പറയുക അല്ലെങ്കിൽ ഉള്ളതിനെ തന്നെ പരിഷ്കരിക്കും ആദ്യം എന്തായിരിക്കും ചെയ്യുന്നു ഉള്ളതിനെ പരിഷ്കരിക്കും കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതെയാവുമ്പം കളയും കൊണ്ട് പറയുന്നു ഇനിയിവിടെ വേറെ ദോഷമുണ്ട് ദോഷമല്ല ഇപ്പോ ഈ സാക്ഷിഭാസ്യം എന്ന് പറയുന്നത് അദ്വൈതിയുടെ ഒരു പ്രയോഗമാണ് സാക്ഷിഭാസ് താർഹികന്മാർഗം സാക്ഷി അങ്ങനെയുള്ള ഇടപാടുകളാണ് അവരെ സംബന്ധിച്ച് എന്താണ് ആത്മാ മനസ്സമീതേ മന ഇന്ദ്രിയേണ ഇന്ദ്രിയം വിഷയേ അങ്ങനെയാണ് പ്രത്യക്ഷ െ സംബന്ധിച്ച് അപ്പോ മാനസപ്രത്യക്ഷം അവർ അംഗീകരിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അവിടെ ഇന്ദ്രിയത്തിന്റെ ആവശ്യമുണ്ട് മനഇന്ദ്രിയാണ് ആ ഭാഗം വരയില്ല അസുഖത്തിന്റെ പ്രത്യക്ഷം ഉണ്ടാകും അപ്പോ അവർ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ മാനസപ്രത്യക്ഷ അവിടെ ഈ ദോഷം തന്നെ വരും എന്താണ് അവർ പറയുന്നതനുസരിച്ചായാലും സുതുക്കാതികൾ ഉണ്ടായാലുടനെ അതിൻ്റെ പ്രത്യക്ഷം ഉണ്ടാകുന്നത് അവർ സ്വീകരിക്കുന്നു സുഖം ഉണ്ടാകുക അന്നത് അനുഭവത്തെ മുൻ നിർത്തിയാണ് പദ്വീതിയാണ് ഈ സാക്ഷിപ്രത്യക്ഷ പറയുന്നത് നമ്മുടെ തർക്കിക എന്താ പറയും മാനസപ്രത്യക്ഷ ഇനി ഇതൊന്നും അല്ലാതെ പ്രത്യക്ഷമുണ്ട് സുഖതുക്കാദികളുടെ മറ്റൊരു പ്രത്യക്ഷമുണ്ട് ഏതാണത് സാക്ഷിപ്രത്യക്ഷമല്ല മനസപ്രത്യക്ഷമല്ല പഠിച്ചു പഠിച്ചപ്പോയി പറഞ്ഞതുപോലെ തന്നെ ഈശ്വരസ്മരണയില്ല ഈശ്വരപ്രത്യക്ഷം എവിടെ സുഖം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും എല്ലാം ആർക്കും പ്രത്യക്ഷമാണോ ഈശ്വരപ്രത്യക്ഷം അവിടെ എന്തുവരും സുദുഖാദികളിൽ അവിടെയും വരുന്നത് എന്താണ് സുസത്തായാം പ്രകാശം വിതിരേക്ക് അത് മാനസപ്രത്യക്ഷമായാലും കൊള്ളാം സാക്ഷിപ്രത്യക്ഷമായാലും കൊള്ളാം ഈശ്വരപ്രത്യക്ഷമായാലും കൊള്ളാം ആരുടെ ആയാലും ശരി സംഭവം ഇതുവരെ നടക്കും എന്താണ് സുസത്തായാം ചോദിക്കാതികൾ വന്നു കഴിഞ്ഞാൽ ഈശ്വര പ്രത്യക്ഷാവും എന്താ ഇത്ര ഉറപ്പ് സർവജ്ഞനാണ് കാര്യന്മാർ പറയുന്ന അനുസരിച്ച് ഈശ്വരൻ എല്ലാവർക്കും ഈശ്വര സർവജ്ഞൻ തന്നെ ഈശ്വരപ്രത്യക്ഷത്തായം പ്രകാശ വ്യതിരേക വിരഹിതത്വം എന്ന് പറയുന്നത് സാക്ഷ്യപ്രത്യക്ഷം മാനസപ്രത്യക്ഷ ഈശ്വരപ്രത്യക്ഷെല്ലാത്തിലും വരും ഇതെല്ലാം വ്യാഖ്യാനത്തിനുണ്ട് പക്ഷെ ഞാൻ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കുഞ്ഞ് നോയിക്കൊണ്ടിരിക്കും എന്താണ് ഞാനത് പറയാത്ത വിചാരിച്ചു നിങ്ങളിന്ന് ഒളിച്ചു വയ്ക്കുന്നതും തിരിച്ചുള്ളത് ആ അങ്ങനെയും വരും അതും തീർച്ചയായിരുന്നു ഖടാദികളെയും പറയാം അല്ലേ അപ്പൊ ഈശ്വര പ്രതീക്ഷയെടുത്ത് അത് അറുപത്ര എന്തുവരുന്നു സ്വസ്വത്തായ പ്രകാശം വ്യതിരേകത്ത് സർവ്വതിനും വരും ഇനി ഇവിടെയല്ല ഒരുപാട് സ്ഥലങ്ങളിൽ വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ രജസർപ്പം അതിനും വരും എന്തുകൊണ്ട് ഞാനുണ്ടായി അതിനെ കാണാതിരിക്കാൻ നടക്കുമോ രജ്ഞ സർപ്പത്തിന്റെ ജ്ഞാനം ഉണ്ടായി സർപ്പത്തെ കാണുന്നില്ല പറ്റൂ അവിടെയും വരും പ്രജ്ജിസർപ്പത്തിന് വന്ന് വരും സുസത്തായം പ്രകാശ വിതിരേഖ വിരഹിതത്വം ഇനി ഒരു സ്ഥലത്തുകൂടോ എവിടെയാണ് അത് നേരത്തെ പറഞ്ഞല്ലോ ഈശ്വര പ്രത്യക്ഷം എല്ലാവർക്കും അത് പ്രത്യക്ഷ സ്വപ്നത്തിന് സ്വപ്ന ഒരു വിഷയം വന്നു വിഷയം വന്നാൽ കാണാതിരിക്കാൻ പറ്റും ഇങ്ങനെ പലയിടത്തും പറയുന്നുണ്ട് അതെല്ലാം വ്യാഖ്യാനത്തിലുണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ വിചാരിച്ച് നിങ്ങൾ ഇപ്പം വ്യാഖ്യാനം നോക്കണ്ട വീട്ടിൽ പോയിട്ട് വ്യാഖ്യാനം വായിച്ച് നോക്കിയാൽ മതി മനസ്സിലാക്കി കളയെന്നുള്ള അസൂയ കൊണ്ട് പറഞ്ഞതല്ല അരി കടിച്ചുപിടിച്ചിരിക്കും തിരിച്ചും മറിച്ചു ഈ പറയുന്നൊന്നും ഗ്രേക്ക് എത്തുന്നില്ല അപ്പോ ഇതിലിനിയൊന്നും ചെയ്യാനില്ല ഒരിടത്തല്ല ഒരുപാട് സ്ഥലങ്ങളിൽ പല രീതിയിൽ സുസവത്തായം പ്രകാശ വ്യതിരേക വിരോധത്വമാവും കളയാം അടുത്താമത്തെ എത്രാമത്തതാ പഞ്ചമഹ ഒന്നാമത്തേത് രണ്ടാമത്തത് മൂന്നാമത്തത് നാലാമത്ത് സുസത്തായം പ്രകാശവിരഹിതത്വം ഇനി അഞ്ചാമത്തത് എന്താണ് സ്വ്യവഹാരേതു പ്രകാശത്തു നമ്മൾ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞല്ലേ എല്ലാം വായിച്ചെ സ്വ്യവഹാരഹേതു പ്രകാശത്തു എന്നാണ് അതില് വളരെ സ്പഷ്ടം അവിടെ അടുത്ത് പറയുന്നു പഞ്ചമഹ പ്രതിവാദവും അതിവ്യാപ്തിഹി പ്രദീപാദയവി സ്വഹാര ഹേതുത്വ പ്രകാശത്വ പ്രദീപത്തെ നോക്കുക ഇതെന്താണ് പറയുന്നത് സ്വവ്യവഹാരേതുത്വ സതി പ്രകാശത്വം സതി ചേർത്ത് കഴിഞ്ഞാൽ രണ്ടു പൂരടുത്ത് പറഞ്ഞു സ്വവ്യവഹാരഹേതുത്വം പ്രദീപം എന്ന് പറയുന്ന വ്യവഹാരത്തിന് ഹേതു പ്രദീപാണ് പ്രദീപില്ലാതെ പ്രദീപെന്ന് വിവഹരിക്കാൻ പറ്റുമോ വ്യവഹാരമെന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ എടുക്കുക പ്രദീപം എന്ന് പറയുന്ന ജ്ഞാനമാണ് പ്രദീപ വ്യവഹാരം അതിന് പ്രദീപമില്ലാതെ നടക്കും അപ്പോൾ ദീപം ദീപത്തിലെന്തോന്നോ സോ വ്യവഹാരം ഹേതത്വം വന്നു ദീപത്തിൽ പ്രകാശത്വം ഉണ്ടോ പസ്വ്യവഹാരേതു സൈപ്രകാശ്യ ദൈവത്തിലൊന്നു ഇനി ആത്മാവിന് നോക്കുക ചിതാത്മാവ് ഞാനിപ്പോൾ പറയുന്നു ചിതാത്മാവ് ജീവാത്മാ പരമാത്മാ രണ്ടാണ് ഒന്നാണ് ഇതെല്ലാം പറയണമെങ്കിൽ അങ്ങനെ ഞാൻ അറിയുകയും പറയുകയും ചെയ്യുന്നതിനാരാ കാരണം പസ്വ്യവഹാരഹേതുത്വം ചിതാത്മാവിലൊന്നോ ജ്ഞാനപ്രകാശത്തോടെയുണ്ട് അല്ലേ വ്യവഹാരം എന്ന് പറയുന്ന സാധാരണ അറിയുക അറിഞ്ഞിട്ട് പറയുക പറഞ്ഞിട്ട് പിന്നെ പ്രവർത്തിക്കുക മൂന്ന് വ്യവഹാരമാണ് അഭിജ്ഞ അഭിവദനം ഹാനാദി അഭിജ്ഞ അറിയുക അഭിവദനം പറയുക ഹാനാദി ഹാനം ഉപാധാനം എഴുതേണ്ട എല്ലാം വ്യാഖ്യാനത്തിനുണ്ട് വീട്ടിൽ പോയി വായിച്ചു നോക്കിയാണ് ഏതൊക്കെയാണ് അഭിജ്ഞ പ്രസവത്തി ഇല്ലാത്തത് പറയണെങ്കിൽ ഞാൻ എഴുതാൻ പറയും അഭിജ്ഞ അഭിവദനം ഹാനാദി ഹാനം അതാണ് പ്രവൃത്തി എന്ന് പറയുന്നത് അർത്ഥക്രിയാകാരിത്വം ഒന്നും പറയുന്നു ഹാനം ത്യജിക്കുക എങ്ങനെയാണ് ഹാനം വന്നത് ഹാന ശബ്ദം വന്നു എങ്ങനെ പഠിച്ചതാണ് പിന്നെ എന്നോട് ചോദിക്കട്ടെ ചോദിച്ച ഞാൻ തിരിച്ചുപോയി ഹാനം പഠിച്ചതാണ് പറഞ്ഞാൽ മതി ഇങ്ങനെ വന്നു ധാതു നിഷ്ഠ വന്നു തകാരം ഹാന് ഹന് താ നിന്ന് ഇപ്പൊ എന്തോന്നു ഓഹാത്ത് ത്യാഗി ഹനുണ്ട് ഓഹാത്യാഗൻ ഹായിൽ നിന്ന് തകാരം വന്നു എന്നിപ്പോ എന്തോന്നു ഓദിത അതാണ് പറയുന്നത് ധാതു പഠിക്കുമ്പോൾ അനുബന്ധങ്ങളോടുകൂടി ചേർത്ത് പഠിക്കണു ഓദിത്തായതുകൊണ്ട് നിഷ്ഠാന്നത്തും വന്നു ഹാനം ഹാ നാക്കി നു ഹാനം പഠിച്ചതായതുകൊണ്ടാ ചോദിച്ചു അപ്പോ ഇതൊക്കെയാണ് വ്യവഹാരം അല്ലേ അപ്പൊ സംബന്ധിച്ച് അഭിജ്ഞ അറിവുണ്ടാകാം അഭിവദനം ദീപം എന്ന് പറയാം ഹാനാദി പ്രവൃത്തി എടുക്കാം കളയാം സ്വവ്യവഹാരം എന്ന് പറയുന്നുകൊണ്ട് ദീപത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ അഭിജ്ഞാദി സ്വഭാരഹേതുത്വം അതിനത് കാരണമാണ് അതില്ലെങ്കിൽ അതൊന്നും നടക്കത്തില്ല അപ്പം എല്ലാ വ്യവഹാരത്തിനും വിഷയം ഹേതുവാണ് ഒരു വിഷയത്തെ സംബന്ധിച്ചൊരു വ്യവഹാരത്തിനും വിഷയഹേതുവാണ് ഭേദത്വ സതി ദീപത്തിന്റെ പ്രത്യേകത എന്താണത് പ്രകാശമാണ് പ്രകാശം എന്ന് പറഞ്ഞുകൊണ്ട് ചിതാത്മാവിനെ അല്ലേ എടുക്കാ എടുക്കാൻ പാടുള്ളൂ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല കാരണം ഇവിടെ മറവിശത്ത് നീക്കുന്ന ആരാണ് താർക്ക് എന്നാൽ ഒരു പറയും പ്രകാശം പറഞ്ഞു ഞങ്ങൾ പ്രകാശമെന്ന് പറഞ്ഞാൽ എന്തിനെ എടുക്കും പ്രകാശത്തെ തന്നെ എടുത്തു പ്രകാശം എന്നല്ലേ പറഞ്ഞോളൂ സ്വപ്രകാശ ചിതാത്മന എന്ന് പറഞ്ഞോണ്ടല്ലേ പ്രശ്നങ്ങളെല്ലാം ഇതാണ് ഇവിടെ വരുന്ന ചിതാത്മാവിനെ യോജിക്കുന്നുണ്ട് സ്വവ്യവഹാരഹിതത്വവും പ്രകാശത്തും നോക്കുക എത്ര ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഒരു ലക്ഷണം കൊണ്ടുവരുന്നത് എത്ര നിസാരമായിട്ടാണ് തള്ളിക്കളയും ഇത്ര എളുപ്പത്തിൽ ഇതിനെ നിഷേധിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു നമ്മൾ വിചാരിച്ചില്ല പക്ഷെ താർക്കികനെ സംബന്ധിച്ച നിസാരമാണ് പ്രതിവാദോ അതിവ്യാപ്തി പ്രതിവാദിരഭി പ്രതിവാദികളിലും സോഹാരേ ഹേതുത്വ പ്രകാശത്വ ഏത് പ്രകാശം എടുത്താലും ശരി പ്രദീപ്രകാശമോ സൂര്യന്റെ പ്രകാശമോ മഹാനസത്തിലെ അഗ്നിയോ ഏതെടുത്തു കഴിഞ്ഞാലും അവിടേക്ക് എന്ത് വരും സ്വ്യവഹാര ഭേദത്വം പ്രകാശത്വം വരും പ്രകാശത്വച്ച അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താണ് വ്യവഹാരം ഏതൊക്കെ തരത്തിലൊന്നാണ് അത് മൂന്ന് അഭിജ്ഞ അഭിവദനം അനാദി ഇത് മൂന്നാണ് വ്യവഹാരം മുമ്പും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ അറിയുക പറയുക പ്രവർത്തിക്കുക അപ്പൊ ഇവിടെ എന്താ ലക്ഷണം പറഞ്ഞത് സ്വാരഹിതു പ്രകാശം അധികം വേണ്ട ചിലപ്പോ ദഹന കേട് വരും അല്ലേ കുറെ സപ്പോർട്ട്